ധ്യായം നാൽപ്പത്തി ഒന്ന് ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പിയും ജാതികൾ ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്തുവന്ന് സംസാരിക്കട്ടെ നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തുവരിക ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്കുനിന്ന് ഉണർത്തിയതാർ അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു അവനവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു പാതയിൽ കാൽവെച്ചല്ല അവൻ പോകുന്നത് ആറത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു ആദ്യമുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനമാകുന്നു ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അറുതികൾ വിറച്ചു അവർ ഒന്നിച്ചുകൂടി അടുത്തുവന്നു അവർ അന്യോന്യം സഹായിച്ചു ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കാം എന്നു പറഞ്ഞു അങ്ങനെ ആശാരി തട്ടാനേയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളിക്കുന്നതിന് ചേലായി എന്നു പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവനതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു നീയോ എന്റെ ദാസനായ ഇസ്രയേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ നീ എന്റെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലാത്താനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു പുഴുവായ യാക്കോബെ ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി നിന്റെ വീണ്ടെടുപ്പുകാരൻ േലിന്റെ പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ചെയ്യും നീ അവയെ പാറ്റും കാറ്റവയെ പർപ്പിച്ചുകൊണ്ടുപോകും ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും നീയോ യഹോവിയിൽ ഇസ്രയേലിന്റെ പരിശുദ്ധനിൽ പുകഴും എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞ് നടക്കുന്നു ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടുപോകുന്നു യഹോവയായി ഞാൻ അവർക്ക് ഉത്തരമരുളും ഇസ്രയേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയുമില്ല ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും ഞാൻ മരുഭൂമിയിൽ ദേവതാരു ഖരമരം കൊഴുന്ത് ഒലിവ് വൃക്ഷം എന്നിവ നടും ഞാൻ നിർജ്ജന സരളവൃക്ഷവും പയ്യൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രയേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് റിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിനെന്ന് യഹോവ കൽപ്പിക്കുന്നു നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കൂബിന്റെ രാജാവ് കൽപ്പിക്കുന്നു സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിപ്പാൻ ഉള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പേൻ ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പേൻ നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയും ആകുന്നു നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ ഞാൻ ഒരുത്തനെ വടക്കുനിന്ന് എഴുന്നേൽപ്പിച്ചു അവൻ വന്നിരിക്കുന്നു സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എന്റെ നാമത്തെ ആരാധിക്കും അവൻ വന്ന് ചെളിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യമുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടെയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരും ഇല്ല ഞാൻ ആദ്യനായി സിയോനോട് ഇദാ ഇദാ അവർ വരുന്നു എന്ന് പറയുന്നു യെരുഷലേമിന് ഞാൻ ഒരു സുവർത്താ ദൂതനെ കൊടുക്കുന്നു ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല ഞാൻ ചോദിച്ചാറേ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനും ഇല്ല അവരെല്ലാവരും വ്യാജമാകുന്നു അവരുടെ പ്രവർത്തികൾ നസ്തിയത്രേ അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ